ഫിർ ഔൻ പറഞ്ഞു മൂസായ കൊല്ലാൻ എന്നെ വിടൂ അവൻ തൻറെ രക്ഷിദാവിനെ വിൽക്കട്ടെ അവൻ നിങ്ങളുടെ മതത്തെ മാറ്റുമോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ എന്ന് ഞാൻ ഭയപ്പെടുന്നു